ശിക്ഷ അവർക്കുമേൽ പതിച്ചപ്പോൾ അവർ പറഞ്ഞു മൂസ അലിഹിസലാം താങ്കളുടെ അടുക്കൽ അള്ളാഹു സുബാനഹുഅ തലായുടെ കരാർ അനുസരിച്ച് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീക്കിത്തരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും താങ്കളെ വിശ്വസിക്കും ഇസ്രായേൽ സന്തതികളെയും താങ്കൾക്കൊപ്പമയക്കും